വേദക്കാരെ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചുവെച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്ന നമ്മുടെ ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു പല കാര്യങ്ങളും അദ്ദേഹം വിട്ടുകളയുകയും ചെയ്യുന്നു അള്ളാഹുസുബ് ഹാനഹൂവത്ത് ആലാവിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു